സ്വർഗ്ഗവാസികൾ നരകവാസികളെ വിളിച്ചു പറയും നമ്മുടെ രക്ഷിതാവ് നമുക്ക് വാഗ്ദാനം ചെയ്തത് സത്യമാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് സത്യമാണോ നിങ്ങൾ കണ്ടെത്തിയത് അവർ പറയും അതെ അപ്പോൾ അവർക്കിടയിൽ ഒരു വിളംബരക്കാരൻ വിളിച്ചു പറയും അക്രമികൾക്ക് അള്ളാഹു സുബാനഹുഅത്അലായുടെ ശാപമുണ്ടായിരിക്കുന്നു